അധ്യായം പതിനഞ്ച് അൽ ഹിജിർ മക്കയിൽ അവതരിച്ചത് എൺപതാം സൂക്തത്തിൽ ഹിജിർ എന്ന പ്രദേശക്കാരെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ഈ അദ്ധ്യായത്തിന് ഈ പേർ വരാൻ കാരണം تِلْكَ آيَاتُ كِتَابٍ وَقُرْآنٍ مُبِينٍ ا ل ف ل ر ويد ग्रंथtile अथवा कार्यങ്ങള്‍ ಸ್ಪಷ್ಟമാക്കുന്ന ഖുർആനിലെ വചനങ്ങൾ ആവ ഖുറുബ ലാ യദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിലപ്പോൾ സത്യനിഷേധികൾ കൊതിച്ചുപോകും നീ അവരെ വിട്ടേക്കുക അവർ തിന്നുകയും സുഖിക്കുകയും വ്യാമോഹത്തിൽ വ്യാപൃതരാകുകയും ചെയ്തു പിന്നീട് അവർ മനസ്സിലാക്കിക്കൊള്ളും وَمَا أَهْلَكْنَا مِنْ قَرْيَةٍ إِلَّا وَلَهَا كِتَابٌ ഒരു രാജ്യത്തെയും നാം നശിപ്പിച്ചിട്ടില്ല നിർണിതമായ ഒരു അവധി وَمَا يَسْتَأْخِرُونَ യാതൊരു സമുദായവും അതിന്റെ അവധിയേക്കാൾ മുമ്പിലാവുകയില്ല അവധിവിട്ട് അവർ പിന്നോട്ട് പോകുകയുമില്ല ആ അവിശ്വാസികൾ പറഞ്ഞു ഹേ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ തീർച്ചയായും നീ ഒരു ഭ്രാന്തൻ തന്നെ لَوْمَا تَتِينا بِالْمَلَائِكَةِ إِنْ كُنْتُمْ مِنَ الصَّادِقِينَ நீ சத்தியவாന്മാരിൽപ്പെട്ടவனാണെങ്കിൽ நீ ഞങ്ങളുടെ അടുക്കൽ മലക്കുകളെ കൊണ്ടുവരാതെന്ത് நான் னுنزலுல் മലائකۃ ইল্লা বিল ஹப் வமா كانூ എന്നാൽ ന്യായമായ കാരണത്താലല്ലാതെ നാം മലക്കുകളെ ഇറക്കുന്നതല്ല അന്നേരം ആ സത്യനിഷേധികൾക്ക് സാവകാശം നൽകപ്പെടുന്നതുമല്ല തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത് തീർച്ചയായും ൂക്ഷിക്കുന്നതുമാണ് തീർച്ചയായും നിനക്കു മുമ്പ് പൂർവികന്മാരിലെ പല കക്ഷികളിലേക്ക് നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് ഏതൊരു ദൂതൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല അപ്രകാരം കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ ആ പരിഹാസം നാം ചെലുത്തിവിടുന്നതാണ്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 ആകാശത്ത് നാം നക്ഷത്രമണ്ഡലങ്ങൾ നിശ്ചയിക്കുകയും നോക്കുന്നവർക്ക് അവയെ നാം അലങ്കൃതമാക്കുകയും ചെയ്തിരിക്കുന്നു ും ആട്ടിയകറ്റപ്പെട്ട എല്ലാ പിശാചുക്കളിൽ നിന്നും അതിനെ നാം കാത്തുസൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ കട്ടുകേൾക്കാൻ ശ്രമിച്ചവനാകട്ടെ പ്രത്യക്ഷമായ ഒരു തീജ്വാല അവനെ പിന്തുടരുന്നതാണ് وَالْأَرْضَ مَدَدْنَا هَا وَأَلْقَيْنَا كِيهَا رَوَاسِيَ وَأَنْبَتْنَا كِيهَا مِنْ كُلِّ شَيْءٍ مَوْزُونَ بھومية نام وشالما كُبَلِم ادل اُرَجْشُ نِلْكُنَّ پَرُوَدَنْجَلْ سْتَابِكُبَلِم اَلَوُ نِرْنَئِ كَپَتَا يَلَّا وَسْتُكَلُمْ ادل نام مُلَبِّكُبَلِمْ شِدْرِك وجعلنا لكم فيها معيشه وما لمستم له برازقين ನಿงಲ್ಕುಂ ನಿಂಗ್ಲ್ ಆಹಾರ ನಲ್ಗಿಕೊಂಡಿರುಕ್ಕುವರ ಅಲ್ಲಾತವರ್ಕು ಅದಿಲ್ಲಾಮ್ ಉಪಜೀವನ ಮಾರ್ಗಗಳು ಏರ್ಪಡತಗಯಿಂ చేದಿರುಕುನು ವೈಮ್ಮಿ ಶೈಯಿನ್ ಇಲ್ಲಾ 'ಇಂದನ ಖಜಾಯ್ಇಹಿ ವಮಾ ನನ್ಝಿಲುಹು إلا بقدر معلوم ياதொரு വസ്തുവും നമ്മുടെ പക്കൽ അതിൻ്റെ ഖജനാവുകൾ ഉള്ളതായിട്ടല്ലതilla എന്നാൽ ഒരു നിർന്നിതമായ തോതനുസരിച്ചല്ലാതെ നാം അത് ഇറക്കുന്നതല്ല മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുകയും എന്നിട്ട് ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് അത് കുടിക്കുമാറാക്കുകയും ചെയ്തു നിങ്ങൾക്കത് സംഭരിച്ചു വയ്ക്കാൻ കഴിയുമായിരുന്നില്ല وَإِنَّا لَنَحْنُ نُحْيِي وَنُمِيتُ وَنَحْنُ الْوَارِثُونَ തീർച്ചയായും നാം തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. എല്ലാം തിളങ്ങുന്ന സന്തോഷവാന്മാരാണ് നാം തന്നെയാണ്. وَلَقَدْ عَلِمْنَا الْمُسْتَقِذِينَ مِنْكُمْ وَلَقَدْ عَلِمْنَا الْمُسَآخِرِينَ തീർച്ചയായും നിങ്ങളിൽ ഉണർന്നിരിക്കുന്നവരെയും നാം അറിഞ്ഞിരിക്കുന്നു, മയങ്ങുന്നവരെയും നാം അറിഞ്ഞിരിക്കുന്നു. മുമ്പിലായവർ ആരെന്ന് നാം അറിഞ്ഞിട്ടുണ്ട് പിന്നിലായവർ ആരെന്നും നാം അറിഞ്ഞിട്ടുണ്ട് തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെ അവരെ ഒരുമിച്ച് കൂട്ടുന്നതുമാണ് തീർച്ചയായും അവൻ യുക്തിമാനും സർവജ്ഞനുമത്ര وَلَقَدْ خَلَقْنَا الْإِنْسَانَ مِنْ صَلْصَالٍ مِنْ حَمَإٍ مَسْنُونٍ كَرُتَچലി പാകപെടുത്തിണ്ടാക്കിയ മുട്ടിയൽ മുഴക്കുംണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു وَلَجَّنَّا خَلَقْنَاهُ مِنْ അതിനു മുമ്പ് ജിന്നിനെ അത്യുഷ്ണമുള്ള അഗ്നിജ്വാലയിൽ നിന്ന് നാം സൃഷ്ടിച്ചു നിന്റെ രക്ഷിതാവ് മലക്കുകളോട്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 ഇബിലീസ് ഒഴികെ പ്രണമിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ അവൻ വിസമ്മതിച്ചു അള്ളാഹു പറഞ്ഞു ഇബിലീസെ പ്രണമിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരാതിരിക്കുവാൻ നിനക്കെന്താണ് ന്യായം قَالَ لَمْ أَكُنْ لِأَسْجُدَ لِبَشَرٍ خَلَقْتَهُ مِنْ صَلْصَالٍ مِنْ حَمَإٍ مَسْنُونٍ அவன் പറഞ്ഞു ಕರುತ ಚಳಿ pagapadti undakiya muttyal mulakam undakuna kaliman roopathil ninne nee srushticha manushyane yan pranamikkendaavanalla qāla takhruju minhā fa in laka rajīm അള്ളാഹു പറഞ്ഞു നീ ഇവിടെ നിന്ന് പുറത്തുപോ തീർച്ചയായും നീ ആട്ടിയകറ്റപ്പെട്ടവനാകുന്നു തീർച്ചയായും ന്യായവിധിയുടെ നാൾ വരെയും നിന്റെ മേൽ ശാപമുണ്ടായിരിക്കുന്നതാണ്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 അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും ചെയ്യും തീർച്ച അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ അള്ളാഹു പറഞ്ഞു എന്നിലേക്ക് നേർക്കുനേരെയുള്ള ും തീർച്ചയായും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരാധിപത്യവുമില്ല നിന്നെ പിൻപറ്റിയ ദുർമാർഗികളുടെ മേലല്ലാതെ തീർച്ചയായും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 അവരുടെ ഹൃദയങ്ങളിൽ വല്ല വിദ്വേഷവും ഉണ്ടെങ്കിൽ നാം അത് നീക്കം ചെയ്യുന്നതാണ് സഹോദരങ്ങളെന്ന നിലയിൽ അവർ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും അവിടെ വെച്ച് യാതൊരു ക്ഷീണവും അവരെ ബാധിക്കുന്നതല്ല അവിടെ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നതുമല്ലെ ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് എന്റെ ദാസന്മാരെ വിവരമറിയിക്കുക وَأَنَّ عَذَابِي هُوَ الْعَذَابُ الْأَلِيمِ يندي سرچة دنّا يعني وَيَدَنَا يَرِيَّا سرچة ينّو بِيوَرَ مَرِيكُوكَا وَنَبِّئْهُمْ عَن ضَيْفِ إِبْرَاهِيمَ اِذْ دَخَلُوا عَلَيْهِ فَقَالُوا سَلَامًا قَالَ إِنَّا مِنْكُمْ وَجِلُونَ إِبْرَاهِيمِ دَعَدُتُ وَنَّا അതിഥികളെപ്പറ്റി നീ അവരെ വിവരമറിയിക്കുക അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നുവന്ന് അവർ സലാം എന്ന് പറഞ്ഞ സന്ദർഭം അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ നിങ്ങളെപ്പറ്റി ഭയമുള്ളവരാകുക അവർ പറഞ്ഞു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 എന്തൊന്നിനെപ്പറ്റിയാണ് നിങ്ങൾ ഈ സന്തോഷവാർത്ത അറിയിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ താങ്കൾക്ക് സന്തോഷവാർത്ത നൽകിയിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി തന്നെയാണ് അതിനാൽ താങ്കൾ നിരാശരുടെ കൂട്ടത്തിലായിരിക്കരുത് ൂ ഇബ്രാഹിം പറഞ്ഞു തന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെപ്പറ്റി ആരാണ് നിരാശപ്പെടുക വഴിപിഴച്ചവരല്ലാതെ ഇബ്രാഹിം പറഞ്ഞു ഹേ ദൂതന്മാരെ എന്നാൽ നിങ്ങളുടെ മുഖ്യ വിഷയമെന്താണ് അവർ പറഞ്ഞു ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ലൂത്തിന്റെ കുടുംബം അതിൽ നിന്നൊഴിവാണ് തീർച്ചയായും അവരെ മുഴുവൻ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ തീർച്ചയായും അവൾ ശിക്ഷയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിലാണെന്ന് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നു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 അങ്ങനെ ആ രാജ്യത്തെ നാം തലകീഴായി മറിക്കുകയും ചുട്ടുവഴുത്ത ഇഷ്ടികക്കല്ലുകൾ അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു നിരീക്ഷിച്ചു മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് ായും ആ രാജ്യം ഇന്നും നിലനിന്നു വരുന്ന ഒരു പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായും അതിൽ വിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് തീർച്ചയായും മരക്കൂട്ടത്തിൽ താമസിച്ചിരുന്ന ജനവിഭാഗം അക്രമികളായിരുന്നു سَقُمنا مِنْهُمْ وَإِنَّهُمْ مَا لَبِإِيمَانٍ مُبِينٍ அதினাল நாம் അവരുടെ near শিক্ষা নরപടി স্বীকৃতি তীরчаяయం ఈ రెండు प्रदेशവും তুরന്ന പാദയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ওয়ালাক্বাদ കযযাব 아সহাবুল হিজরিল মুরসালিন তীরчаяయం হিজরിലെ নিবাসীগণ ൈവദൂതന്മാരെ നിഷേധിച്ചു കളയുകയുണ്ടായി അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും ചെയ്തു എന്നിട്ട് അവർ അവയെ അവഗണിച്ചു കളയുകയായിരുന്നു അവർ പർവ്വതങ്ങളിൽ നിന്ന് പാറകൾ വെട്ടിത്തുരന്ന് വീടുകളുണ്ടാക്കി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 അതിനാൽ നീ ഭംഗിയായി മാപ്പു ചെയ്തു കൊടുക്കുക തീർച്ചയായും നിന്റെ രക്ഷിതാവ് എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന ഏഴ് വചനങ്ങളും മഹത്തായ കുർഹാനും തീർച്ചയായും നിനക്ക് നാം നൽകിയിട്ടുണ്ട് ആ അവിശ്വാസികളിൽപ്പെട്ട പല വിഭാഗക്കാർക്കും നാം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 പരിഹാസക്കാരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ തീർച്ചയായും നാം മതിയായിരിക്കുന്നു അതായത് അള്ളാഹുവോടൊപ്പം മറ്റു ദൈവത്തെ സ്ഥാപിക്കുന്നവർ പിന്നീട് അവർ അറിഞ്ഞുകൊള്ളുക അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട് ആകയാൽ നിന്റെ രക്ഷിതാവിനെ തുതിച്ചുകൊണ്ട്